ധ്യായം നാൽപ്പത്തി ഒന്ന് എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്വക്കളിൽ ഒരുവനുമായി എലീഷാമയുടെ മകനായ നഥന്യാവിന്റെ മകൻ ഇസ്മായൽ പത്താളുമായി മിസ്ബയിൽ അഹിക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബയിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നഥന്യാവിന്റെ മകൻ ഇസ്മയലും കൂടെയുണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മിസ്ബയിൽ ഗദല്യാവിന്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽതയ പടയാളികളെയും ഇസ്മയൽ കൊന്നുകളഞ്ഞു ഗദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അതാരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശേഖരമിൽ നിന്നും ശീലോവിൽ നിന്നും ശമരിയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരിക്കവുമെടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും അവിടെ എത്തി നഥന്യാവിന്റെ മകൻ ഇസ്മയേൽ മിസ്മയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും അവരെ എതിരേറ്റു അവരെ കണ്ടപ്പോൾ അവനവരോട് അഹിക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വരുവീൻ എന്നു പറഞ്ഞു അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നഥന്യാവിന്റെ മകനായ ഇസ്മയിലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്നാൽ അവരിൽ പത്തുപേർ ഇസ്മയലിനോട് ഞങ്ങളെ കൊല്ലരുതെ വയലിൽ കോതമ്പ് വം എണ്ണ തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചുവെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു ഇസ്മയേൽ ഗദല്യാവേയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസാൻ രാജാവ് ഇസ്രയേൽ രാജാവായ ബേശ നിമിത്തം നഥന്യാവിന്റെ മകനായ ഇസ്മയേൽ അതിനെ നിഹതന്മാരെക്കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മയേൽ മിസ്ബയിലുണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസറാൻ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്ബയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി നധന്യാവിന്റെ മകൻ ഇസ്മയൽ അവരെ ബദ്ധരാക്കി അമോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു നധന്യാവിന്റെ മകൻ ഇസ്മയൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനും കൂടെയുണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നധന്യാവിന്റെ മകനായ ഇസ്മയേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ജിബയോനിലെ പെരിങ്കുളങ്ങര വെച്ച് അവനെ കണ്ടെത്തി ഇസ്മയലിനോട് കൂടെയുണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനെയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മയൽ മിസ്മയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വ ജനവും തിരിഞ്ഞ് മകനായ യോഹാനാന്റെ അടുക്കൽ ചേർന്നു നഥന്യാവിന്റെ മകൻ ഇസ്മയലോ എട്ടാളുമായി യോഹാനാനെ വിട്ടുതെറ്റി അമോന്യരുടെ അടുക്കൽ പൊയ്ക്കളഞ്ഞു നധന്യാവിന്റെ മകൻ ഇസ്മയേൽ അഹിക്കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കൈയിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശേഷ്ടത്തെ ഒക്കെയും ഗിബയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണന്മാരെയും തന്നെ അവർ മിസ്ബയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽതേരെ പേടിച്ചിട്ട് മിസ്രൈലിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേത്തലേഹേമിന് സമീപത്തുള്ള ഗേരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹികാമിന്റെ മകനായ ഗദല്യാവെ നഥന്യാവിന്റെ മകൻ ഇസ്മയേൽ കളക കാരണത്താൽ ആയിരുന്നു അവർ കൽതേരെ പിടിച്ചത്